അതേപോലെ അടുത്തുപോയി അഴിച്ചുവിടുന്ന പോലെ കാണിച്ചപ്പോ കഴുതാനങ്ങിയ അതേപോലെ നമ്മളെ ആരും കെട്ടിയിട്ടിട്ടില്ല ഒന്നും ബന്ധിച്ചിട്ടില്ല ഈ ബന്ധിച്ച വസ്തുക്കളൊന്നും തന്നെ യഥാർത്ഥ സ്വരൂപത്തിൽ ഇല്ലേ ഇല്ല സ്വരൂപം സർവദാസ്വതന്ത്രമാണ് സ്വച്ഛമാണ് നിർമ്മലമാണ് കളങ്കലേശസ്പർശമില്ലാത്തത് ഈ കളങ്കങ്ങളൊക്കെ ആദ്യം ആരോപിച്ചില്ലാതാക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ അതുമായിട്ടൊക്കെ ടോട്ടൽ ഐഡന്റിഫിക്കേഷൻ വന്നിരിക്കുന്നത് കൊണ്ട് അത് പതുക്കെ ശ്രദ്ധിപ്പിച്ച് അതൊന്ന് നമ്മൾ ശുദ്ധമായ സ്വച്ഛമായ വസ്തുവിനെ ശ്രദ്ധിക്കാനാണ് ഈ കളങ്കങ്ങളൊന്നും വാസ്തവത്തിൽ സ്വരൂപത്തിലില്ലേയില്ല സ്വരൂപത്തിനെ സ്പർശിക്കുന്നേയില്ല സ്വച്ഛം നിർമ്മലം ആ സദാത്മകമായ വസ്തുവിനെ ശ്രദ്ധിച്ചു കഴിയുമ്പോ തത്വമസീതി വേദവചസായോ ബോധയത്യാശ്രിത ആശ്രയിച്ചവർക്ക് അത് ബോധിപ്പിച്ചു കൊടുക്കുന്ന ആ ദക്ഷിണാമൂർത്തി അതിനെ ശ്രദ്ധിച്ചു ശ്രദ്ധിച്ചുകൊണ്ടേയിരുന്നാലോ സാക്ഷാത്കരണാത്ഭവേന്ന പുനരാവൃത്തി അത് നല്ലവണ്ണം സാക്ഷാത്കരിക്ക സാക്ഷാത്കരിക്കാനൊന്നുമില്ല ഈ കരിക്കണത് നിർത്തിയാ ഈ കരിക്കുന്നത് നിർത്തിയാൽ സാക്ഷാതായിട്ടുള്ളത് ആത്മാവാണ് നമ്മൾ ഈ കരിച്ചുകൊണ്ട് കരിക്കൽ എന്ന് വെച്ചാൽ എന്താ അർത്ഥം കരണം എന്ന് വെച്ചാൽ കർത്തൃത്വം ഭോക്തൃത്വം ഞാൻ കർത്ത ഞാൻ ഭോക്ത അത് വിട്ടാൽ അപരോക്ഷം ബ്രഹ്മ ബ്രഹ്മം അപരോക്ഷമായിട്ട് പ്രകാശിക്കുന്നുണ്ട് ഞാനുണ്ട് എന്നുള്ള അനുഭവ രൂപത്തിൽ ബ്രഹ്മം സുസ്പഷ്ടമാണ് പക്ഷേ കാരകരൂപത്തിൽ അഹങ്കാരം പൊന്തി വന്നിട്ട് നമ്മുടെ സ്വരൂപരൂപത്തിലുള്ള ഭഗവാനെ മറച്ചു കളയുന്നു ഭഗവാൻ എപ്പോഴും സിദ്ധനാണ് സിദ്ധമായ ഭഗവത്തത്വത്തിന് ഈ കർത്തൃത്വം കാരകത്വം മറച്ചു ആ കാരകത്വം നീങ്ങിയാൽ സാക്ഷാതായിട്ട് പരമാത്മാവ് പ്രകാശിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് അതുകൊണ്ട് സാക്ഷാത്കാരം എന്നുള്ള വാക്കുപോലും കള്ളവാണ് എന്നാൽ നമ്മളുടെ സ്ഥിതിയിൽ എന്ന് വെച്ച് അങ്ങനെ പറയേണ്ടിയിരിക്കണോ അത്രേ ഉള്ളൂ യത്ത് സാക്ഷാത്കരണാത് സാക്ഷാത്കരിക്കാ എന്താർത്ഥം ശ്രദ്ധിക്കും ശ്രദ്ധിച്ചാൽ ഭവേന്ന പുനരാവൃത്തി ഭവാംബോനിധ ശ്രദ്ധാശക്തി സ്വരൂപത്തിൽ ചെന്ന് നിഷ്ഠമായാൽ പുനരാവൃത്തിയില്ല പക്ഷേ ശരീരം മനസ്സൊന്നും ഞാനാണ് എന്നുള്ള തെറ്റിദ്ധാരണ ഉണ്ടാവാത്തതുകൊണ്ട് വീണ്ടും ജനനമരണ ചക്രമില്ലാണ് ജനനമരണ ചക്രമില്ല ഇ ഡ്രീമിംഗ് അതോടെ ഇറ്റ് കംസ് ടു എ കൺക്ലൂഷൻ തസ്മൈ ശ്രീ ഗുരുമൂർത്തയേ നമയുതം ശ്രീ ദക്ഷിണാമൂർത്തൈ അതിനായിക്കൊണ്ട് ഗുരുമൂർത്തിയായിട്ടുള്ള ആ ദക്ഷിണാമൂർത്തിക്ക് നമസ്കാരം ആ ഗുരുതത്വരൂപത്തിലുള്ള ഭഗവാൻ നമ്മളെ ആശീർവദിച്ച് അനുഗ്രഹിച്ച് കൃപചൊരിഞ്ഞ് അകമയ്ക്ക് ആകർഷിക്കണം ഒരു കാന്തം ഇരുമ്പിനെ ആകർഷിക്കുന്ന പോലെ ഹൃദയത്തിലിരിക്കുന്ന ആത്മാവാകുന്ന കാന്തം സ്വരൂപമാകുന്ന കാന്തം ചിത്തവൃത്തികളെ സെന്ററിലേക്ക് ആകർഷിച്ചുകൊണ്ടേയിരുന്നാലേ ഈ പ്രക്രിയ നടക്കുള്ളൂ അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടതോ നമ്മളുടെ വശത്ത് നിന്നോ കുറച്ചു നേരമെങ്കിലും ഒന്നോ ഒന്ന് പതുക്കൊന്ന് നിർത്തുക ശരീരത്തിനൊന്ന് നിശ്ചലമായിട്ട് ഇരുത്തി മനസ്സിനോട് പറയുക പുറത്തൊന്നും പോകരുത് ശ്രദ്ധിക്കാൻ പറയുക മനസ്സിന്റെ മൂലത്തിനെ ശ്രദ്ധിക്കുക മനസ്സിൽ എത്ര ചിത്തവൃത്തികൾ വേണമെങ്കിൽ പൊന്തി വരട്ടെ എത്ര വിചാരങ്ങൾ വേണമെങ്കിൽ പൊന്തി വരട്ടെ ജാഗ്രതയോടുകൂടെ ശ്രദ്ധിക്കുക എല്ലാ മൂലം ഞാൻ ഞാൻ എന്നുള്ള വൃത്തിയാണ് അഹം വൃത്തിയാണ് ആ അഹംവൃത്തിയെ ശ്രദ്ധിക്കുക ഈ ഞാൻ എന്താണ് എല്ലാ വിചാരങ്ങളും എനിക്ക് വരുന്നു ഇത്ര വിചാരങ്ങൾ നല്ല വിചാരമോ ചിത്ത ഒരു സെഗ്രിഗേഷനും വേണ്ട എല്ലാ വിചാരവും എവിടുന്ന് പൊന്തുണു ഹൃദയത്തു നിന്ന് വിചാരങ്ങൾക്കൊക്കെ മൂലമോ അഹംവൃത്തി ഇത്ര എന്നാലും ഈ വിചാരങ്ങളൊക്കെ തന്നെ എനിക്ക് വരുന്നു ഞാൻ വിചാരിക്കുന്നു ഞാൻ ചിന്തിക്കുന്നു ഈ ഞാൻ എന്താണ് ഞാൻ എവിടുന്ന് പൊന്തുണു ഞാൻ ഞാൻ ഞാൻ എന്നുള്ള സ്പന്ദനത്തിന്റെ മൂലം എന്താ ഈ ധ്യാനിക്കണ ഞാൻ ആരാണ് ജപിക്കുന്ന ബന്ധപ്പെട്ടിരിക്കുന്ന ഞാൻ ആരാണ് സംസാര ദുഃഖം എന്നൊക്കെ പറഞ്ഞാൽ ഈ ദുഃഖമൊക്കെ ഏത് ഞാനിനാണ് ആർക്കാണ് ആരാണ് ഈ ദുഃഖിക്കുന്ന ഞാൻ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടേയിരുന്നാൽ ഉദിക്കും ഇടത്തിൽ ഒടുങ്ങി ഇരുത്തൽ മനതിൻ ഉരുവൈ മറവാത് ഉഷാവ് മനമന ഒന്ന് ഇലൈ ഉന്തിപ്പര മാർഗം നേരാകും ഇതും തീ പല മനസ്സിന്റെ സ്വരൂപം എന്താണെന്ന് മറബാതെ എന്ന് വെച്ചാൽ വിത്ത് അറ്റൻഷൻ ശ്രദ്ധയോടുകൂടെ വിചാരം ചെയ്യുകയാണെങ്കിൽ മനസ്സ് എന്ന് പറഞ്ഞൊരു വസ്തുവേ ഇല്ല ഇത് സ്ട്രേറ്റ് ആയിട്ടുള്ള മാർഗം അത് എവിടുന്നു മനസ്സ് പൊന്തുടും മനസ്സിന്റെ സ്വരൂപം എന്തായി എവിടെ ചലിക്കുന്നു അലേർട്ട്നെസ്സാണ് വാക്ക് അലേർട്ട്നെസ്സോടുകൂടെ ചിത്തവൃത്തികളുടെ ഒക്കെ മൂലം അഹങ്കാരമാണ് അഹംവൃത്തി അഹംവൃത്തി ഇല്ലാതെ ഒന്നും സാധ്യമല്ല ഈ അഹംവൃത്തി എവിടുന്നു പൊന്തുണു ശ്രദ്ധിച്ചാൽ അഹംവൃത്തിയുടെ ഒരു ചലനം ഒരു മൂവ്മെന്റ് നമുക്ക് കണ്ടുകൊണ്ടേയിരിക്കാം അഹംവൃത്തിയെ പിടിച്ചുകൊണ്ടേ അഹം സ്ഫൂർത്തിയിലേക്കും ക്രമേണ അഹംബോധത്തിലേക്കും പോവാനൊക്കെ ഉള്ളു അഹംവൃത്തി നമുക്ക് ജീവിതത്തിൽ നമ്മളുടെ സെന്ററായിട്ട് നമുക്ക് കണ്ടുകൊണ്ടേയിരിക്കും എല്ലാ പ്രശ്നങ്ങളും വരുമ്പോ നമുക്ക് ഈ അഹമൃത്യുടെ ഇന്നർ മൂവ്മെന്റ് കാണാം ആരെങ്കിലുമൊക്കെ ഇഷ്ടപ്പെടുമ്പോ കാണാം ആരെങ്കിലുമൊക്കെ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ കാണാം നമ്മളെ ആരെങ്കിലുമൊക്കെ ചീത്ത പറഞ്ഞാൽ കാണാം നമുക്ക് വേണ്ട പൊസിഷനിൽ വേറെ ആരെങ്കിലും കയറിയിരുന്നാൽ കാണാം നിന്ദിച്ചാൽ നമ്മളെ ആരെങ്കിലുമൊക്കെ നിന്ദിച്ചാൽ കാണാം അപ്പോഴൊക്കെ കാണാം ഈ ചലനം ഈ സൂക്ഷ്മമായ സ്പന്ദനം കാണാം അകമയ്ക്ക് ആ സ്പന്ദനത്തിനെയാണ് ജീവൻ എന്ന് പറയണത് അത് തന്നെ സൂക്ഷ്മ ഫോം അത് അഹംവൃത്തി ആ അഹം ചലനം എവിടുന്ന് പൊന്തുണു എവിടുന്ന് ചലിക്കുന്നു എവിടുന്ന് ഉയരുന്നു എന്ന് ശ്രദ്ധിച്ചു കൊണ്ടേയിരുന്നാൽ ഈ ചലനം പതുക്കെ പതുക്കെ പതുക്കെ പതുക്കെ പതുക്കെ മാറും ഈ സ്പന്ദനം ഫൂർത്തിമയമായിട്ട് മാറും ഈ ചലനം പതുക്കെ പതുക്കെ പതുക്കെ സദാത്മകം സ്ഫൂർത്തി ഇപ്പൊ പറഞ്ഞുവല്ലോ സ്ഫുരണം സദാത്മകം സ്ഫുരണം സ്ഫുരണമായിട്ട് മാറും അപ്പോഴേ നമുക്ക് ഈ സ്ഫുരണം എന്താണെന്ന് അറിയൂ ഇപ്പൊ അത് വൃത്തിയാണ് വൃത്തി സ്ഫൂർത്തിയായിട്ട് അനുഭവപ്പെടും ആ സ്ഫൂർത്തി തന്നെ ക്രമേണ നിശ്ചലബോധമായിട്ട് സച്ചിദമൃതമായ വസ്തുവായിട്ട് ഹൃദയത്തില് പ്രകാശിക്കും ആ അമൃതാനുഭവത്തിനുള്ള ആദ്യ പടി ഉപാസനാ സെന്റർ ആണ് ഈ അഹംവൃത്തി അഹങ്കാര വൃത്തി അത് നമുക്ക് നമ്മളുടെ ജീവിതം മുഴുവൻ നിയന്ത്രിക്കുന്നത് കാണാം നമ്മളുടെ മൂവ്മെന്റ്സ് ഒക്കെ അത് അത് ഇങ്ങനെ കൺട്രോൾ ചെയ്യണത് കാണാം എല്ലാ പ്രശ്നങ്ങളും എന്റെ പ്രശ്നം ഞാനതിൽ ഇൻവോൾഡ് ആയണമെങ്കിൽ മാത്രമേ അത് എനിക്ക് അല്ലെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല ഇതിലൊക്കെ കാണാം നമുക്ക് ആ ചലനം എന്തെങ്കിലും വിഷമം വരുമ്പോൾ എനിക്ക് വിഷമം വന്നു വേറെ ആർക്കെങ്കിലും വന്നാൽ നമ്മൾ അത്ര ദുഃഖിക്കണില്ലല്ലോ കുറച്ചു നേരം വേണമെങ്കിൽ ആവുമായിരിക്കും കഴിഞ്ഞു എന്റെ പ്രശ്നം ഈ ഞാൻ എന്താ ഈ ചലനം എന്താ അത് സത്യവുമല്ല അത് സത്യമല്ലാന്നുള്ളതിന് എന്താ തെളിവെന്ന് വെച്ചാൽ ഏറ്റവും അധികം ദുഃഖിച്ച ആൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ ആ ദുഃഖമൊക്കെ മറന്നുപോടും ആ അഹം വൃത്തി അത് പോയി അത് ശ്രദ്ധിക്കുമ്പോൾ കാണാം ഈ അഹംവൃത്തി ഒരു സൂചന മാത്രമാണ് ഒരു ബബിൾ മാതിരിയാണ് വെള്ളത്തിൽ കുളത്തിൽ മുങ്ങിക്കിടന്നാൽ ചിലപ്പോൾ ബുളുബുൾ ബുൾബുളബിളും പുറത്ത് വരണ പോലെ ഉള്ളിലാരോ ഒരാൾ മുങ്ങിക്കിടക്കണുണ്ട് അയാൾ ഇടക്കിടക്ക് പുറത്തേക്ക് ഇങ്ങനെ ബുൾബുൾ ബുളുബിളും ശബ്ദം വേണ്ടതാണ് ഈ ഞാൻ ഞാൻ എന്ന് പൊന്തണവ് അപ്പൊ ഇന്ന സ്ഥലത്ത് ആൾ മുങ്ങിക്കിടക്കുന്നുണ്ടെന്ന് അറിയണ പോലെ ഈ അഹംവൃത്തിയെ ശ്രദ്ധിച്ചുകൊണ്ടുപോയാൽ ആ മുങ്ങിക്കിടക്കണവനെ ഗുപ്തമായ ബോധത്തിനെ കാണാം ഗുപ്ത ഈശ്വരോ ഗൂഢബോധാണ് ഭാഗവതത്തിൽ ഭഗവാന്റെ അഷ്ടസഖികൾ പാടുന്ന ഭാഗവൺ അവിടെ ഒരു സഖി പറയുന്നു ഈശ്വരോ ഗൂഢബോധ ഈശ്വരൻ ഗൂഢബോധമായിട്ടിരിക്കുന്നു ആ ഗൂഢബോധം ഹിഡൺ അവയർനെസ് ആ ഗൂഢബോധത്തിനെ അകമയ്ക്ക് സാക്ഷാത്കരിക്കാനുള്ള സ്ഫൂർത്തി ഒരു സൂചനയാണ് ഞാൻ ഞാൻ എന്നുള്ള ഈ ചലനം ഈ സ്പന്ദനം ആ ചലനത്തിനെ ഗ്രഹിച്ചുകൊണ്ട് പൂർണ്ണ വസ്തുസ്ഥിതി അകമേ പ്രകാശിക്കും അത് പ്രകാശിച്ചുകൊണ്ടേയിരിക്കുന്നു സദാ നിരസ്തു സത്യം ഒരസ്തമനവുമില്ലാതെ മറവുമില്ലാതെ ഒളിവുമില്ലാതെ സത്യം പ്രകാശിച്ചുകൊണ്ടേയിരിക്കുന്നു പക്ഷേ അതിനു സൂര്യനെ മേഘം വരയ്ക്കുന്ന പോലെ നമ്മളുടെ ദൃഷ്ടിയെ മേഘം വരയ്ക്കുന്ന പോലെ സത്യത്തിനും നമ്മളുടെ ശ്രദ്ധയ്ക്കും നടുവിൽ ചെറിയൊരു മറ വന്ന പോലെ ആ ശ്രദ്ധ തന്നെ ഉജ്ജ്വലമായി തെളിയുമ്പോൾ സത്യം തെളിയും വീണ്ടും അടുത്ത ശ്ലോകം നമുക്ക് നാളെ കാണാം